ോഖലു ആപ്തവചന ലിംഗാതിനിശ്ചിത യുഗാദി തത്വാ ദിഗ്മോഹാദയോ നിവർത്തന്തി ആപ്തവചനത്തിലൂടെ ആരെങ്കിലും പറഞ്ഞിട്ട് ലിംഗം ഹനുമാനത്തിലൂടെ ഈ പ്രമാണങ്ങളിലൂടെ എല്ലാം ശബ്ദപ്രമാണം അനുമാന പ്രമാണം ഇതിലൂടെയെല്ലാം നിശ്ചിത തിഗാദി തത്വമാണ് കിഴക്കിന്നതാണ് വഴിപ്പടിഞ്ഞാറിൻ്റെതാണ് എന്ന് നീന്നും ദുഃഖിൻ്റെ കാര്യമാണ് പുതിയൊരു സ്ഥലത്ത് ചെന്നും അയാൾക്ക് ദിഗ്രമുണ്ടാവും അപ്പോൾ അയാൾ സൂര്യനെ കാണും സൂര്യനെ കണ്ടിട്ട് അനുമാനിക്കുന്നു സൂര്യൻ ഇപ്പൊ ഇവിടെ നിൽക്കണമെങ്കിൽ ഇതിന്റെ തീക്കായി അങ്ങനെ അനുമാനിക്കുന്നു അല്ലെങ്കിൽ ഒരാളൊന്നു പറയുന്നു ഇത് കിഴക്ക് ഇതല്ല ശരിക്കും കിഴക്കിവിടെ ഇതാണ് നിങ്ങൾ ഭ്രമിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരുന്ന ദിഗ്മോഹം ഈ പറഞ്ഞ എല്ലാ ഭ്രമങ്ങളും പ്രമാണത്തിലൂടെ ഉണ്ടാകുന്ന ഭ്രമ പ്രമേയലൂടെ പ്രമാണജന്യമായ പ്രമേയയിലൂടെ ഈ പറയുന്ന എല്ലാ ഭ്രമങ്ങളും നിവർത്തിക്കുന്നു നോ നിവർത്തന്റേതിനുവർത്തിക്കുന്നില്ല എന്നില്ല ഉറപ്പായി നിവർത്തിക്കുന്നു അപ്പൊ എല്ലാ ഭ്രമങ്ങളും പരോക്ഷമായി അനുഭവിക്കുകയാണെങ്കിലും ബ്രഹ്മങ്ങളെല്ലാം പ്രത്യക്ഷമായ ഒരാളെ അനുഭവിക്കുകയാണ് അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് പ്രമാണങ്ങളിലൂടെ ജന്യമാകുന്ന പ്രമ കൊണ്ട് അതെല്ലാം നിവർത്തിക്കും അത് ശബ്ദ പ്രമാണമാകാം അല്ലെങ്കിൽ അനുമാനമാകാം അല്ലെങ്കിൽ പ്രത്യക്ഷമാകാം ഏതുമാകാം അതാണ് ആപ്തവചന ലിംഗാതി പ്രമാണങ്ങളിലൂടെ നിർത്ഥം ആപ്തവചനം ലിംഗം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ നിശ്ചിത ദിഗാദി തത്വമാണ് ലിഗാദിടെ തത്വം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിവർത്തന നിവർത്തിക്കുന്നില്ല എന്നില്ല നിവർത്തിക്കും ഉറപ്പായിട്ട് നിർത്തും ഉറപ്പായി നിവർത്തിക്കും രണ്ടുണ്ടാവുന്ന കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഈ പറഞ്ഞു വരുന്നത് എന്താണ് ഈ ഭ്രമങ്ങളെല്ലാം പ്രത്യക്ഷ ഭ്രമങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അതെല്ലാം പ്രത്യക്ഷ പ്രമാണങ്ങൾ കൊണ്ട് അതെല്ലാം മാറുന്നു അതുകൊണ്ട് എന്താണ് പദാർത്ഥത്തിന് തത്പദാർത്ഥമായി സാക്ഷാത്കരിക്കുന്നു സാക്ഷാത്കരിക്കേണ്ടതാണ് സാക്ഷാത്കാര ഏഷ്യതവ്യാന്ന് വെച്ചാൽ അങ്ങനെ സാക്ഷാത്കരിക്കേണ്ടതാണ് ത്ഥം തുമ്പതത്തിന്റെ അർത്ഥം ആയിരിക്കുന്ന ആ ജീവനെ തത്പദാർത്ഥത്വേന തത് പദാർത്ഥത്തിന്റെ അർത്ഥമായിരിക്കുന്ന ബ്രഹ്മമായിട്ട് സാക്ഷാത്കരിക്കേണ്ടത് അതാണ് കൂടെ വേണ്ടത് തത്വമസി തുടങ്ങിയ ശ്രുതിവാക്യങ്ങളിൽ നിന്ന് അതാണ് സാധിക്കേണ്ടത് എന്തത് അർത്ഥമായിരിക്കുന്ന ആ ജീവനെ തത്പഥത്തിന്റെ അർത്ഥമായിരിക്കുന്ന ബ്രഹ്മമായി സാക്ഷാത്കരിക്കുന്നതാണ് തസ്മ കൊണ്ട് ബ്രഹ്മമായിട്ടുള്ള സാക്ഷാത്വിയ സാക്ഷാത് വേണ്ടതാണ് അതാണ് ഇവിടെ വേണ്ടത് യേശു ഇച്ഛായവ്യ യഥാവിതായി ത്വം പദാർത്ഥ ദുഃഖി ശോകിത്വാദി സാക്ഷാത്കാരം അന്യത ഇതുകൊണ്ട് മാത്രമേ ത്വം പദാർത്ഥം ജീവൻ ജീവൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളായിട്ടാണ് ഓരോരുത്തരും പ്രത്യക്ഷമായിട്ട് തന്നെ ദുഃഖിയായിട്ടും സുഖിയായിട്ടും ഇതിന്റെ നിവൃത്തി അതില്ലാതാകണമെങ്കിൽ ഓരോരുത്തരും തന്നെ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്നെങ്ങനെ സുഖിയായിട്ടും ദുഃഖിയായിട്ടും ഈ സുഖി ദുഃഖി എന്നുള്ള തന്നെ കുറിച്ചുള്ള തന്റെ അനുഭവം ഇതിനാണ് സാക്ഷാത്കാരമെന്ന് പറയുന്നത് ഈ പ്രത്യക്ഷമായ അനുഭവം ഇല്ലാതാകണമെങ്കിൽ തൊമ്പതത്തിന്റെ അർത്ഥമായ തന്നെ എന്തായിട്ടറിയണം തത്വത്തിന്റെ അർത്ഥമായ ബ്രഹ്മമായിട്ടറിയണം അല്ലെങ്കിൽ ഈ ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് എന്നുള്ള ഈ അനുഭവത്തിന് മാറ്റമൊന്നും വരത്തില്ല അത് അവിടെ പ്രത്യേകം പറയുന്നു അതെങ്ങനെയായിരിക്കണം സാക്ഷാത്കാരുന്നു അറിഞ്ഞ മാത്രം പോരാ ഞാൻ ബ്രഹ്മമാണോന്നൊരാളറിഞ്ഞു ആരെങ്കിലും പറഞ്ഞു ഞാൻ ബ്രഹ്മമാണെന്നറിഞ്ഞാൽ നല്ല ദുഃഖം പോകും പ്രത്യേകം വേണ്ടത് എന്താണ് ഭഗവതികാരം പറയുന്നത് തപ്പ മസി ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള വാക്യങ്ങൾ കേട്ട് ആ ശബ്ദത്തിന് ശാബ്ദജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാല് എന്തു സംഭവിക്കില്ല അച്ചാൻ താൻ സുഖിയാണ് ദുഃഖിയാണോന്നുള്ള ഈ അനുഭവത്തിനൊന്നും മാറ്റം വരത്തില്ല എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്തുകൊണ്ടാണ് ആ നീ കേക്കുന്ന അറിവെല്ലാം പരോക്ഷീ ബ്രഹ്മമാണെന്ന് കേട്ടുകഴിഞ്ഞാൽ അറിവുണ്ടാകും പക്ഷെ അത് പരോക്ഷ ജ്ഞാനമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ സുഖിയാണ് ദുഃഖിയാണ് പറയുന്നത് ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് ഞാൻ വലിയവനാണ് ചെറിയവനാണ് ബുദ്ധിമാനാണ് മണ്ഡനാണെന്നൊക്കെയുള്ള എല്ലാ അനുഭവങ്ങളും അതുപോലെ തന്നെ എന്തുകൊണ്ടിത് അപരോക്ഷമാണ് ഈ അനുഭവങ്ങൾ പ്രത്യക്ഷമാണേത് സുഖി ദുഃഖി എന്നുള്ള അനുഭവങ്ങളെല്ലാം പ്രത്യക്ഷമാണ് ഇത് മാറണമെങ്കിൽ എന്തുവേണം ഞാൻ ബ്രഹ്മമാണ് സുഖവും ദുഃഖവും ഒന്നും ഇല്ലാത്തവനായ ബ്രഹ്മമാണെന്നുള്ള എന്ത് ജ്ഞാനം വേണം അപരോക്ഷ ജ്ഞാനമാണ് അപ്പം അപരോക്ഷ ഭ്രാന്തി അപരോക്ഷമായ ജ്ഞാനം കൊണ്ടേ നിവർത്തിക്കുകയാണീ പറയുന്നതിന്റെ ചോദ്യം അതുകൊണ്ട് കത്തുമസിന്ന് പറയുന്ന വാക്യം കേട്ട് ശാബ്ദാനം പോലെ ആ ശാബ്ദാനം എന്താണ് ഇതാണ് ഭാവധികാരുടെ തൊമ്പദാർത്ഥത്തി ദുഃഖി ശോകിത്വാദി സാക്ഷാത്കാര നിവൃത്തൻ യഥാവിതാന്ന് വെച്ചാൽ തൊമ്പതാർത്ഥത്തിന് തത്പദാർത്ഥമായി ബ്രഹ്മമായി സാക്ഷാത്കരിക്കുക ഇതുകൊണ്ടാണ് വെച്ചാൽ ഈ സാക്ഷാത്കാരം കൊണ്ടാണ് തൊമ്പതാർത്ഥാർത്ഥത്തിന്റെ ദുഃഖി ശോകിത്വാദി സാക്ഷാത്കാരം നോക്കി തൊമ്പതാർത്ഥത്തിന്റെ സാക്ഷാത്കാരം എങ്ങനെയാണ് ദുഃഖിയും ശോകിയും ഒക്കെയുള്ള സാക്ഷാത്കാരമാണ് അതിന്റെ നിവൃത്തി ഏതാവിതാന്ന് വെച്ചാൽ തത്പദാർത്ഥ സാക്ഷാത്കാരം കൊണ്ടേ സാധിക്കും അന്യത മറിച്ച് എന്താണ് തത്വമസിടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ചു അതിൽ നിന്നുണ്ടാകുന്ന പരോക്ഷമായ ശബ്ദജ്ഞാനം കൊണ്ട് നടക്കില്ല അന്യഥ ശബ്ദം കൊണ്ട് എന്തു നടക്കത്തില്ലുഃഖ അനുഭവങ്ങളൊന്നും ഇല്ലാതാകത്തില്ല ഇപ്പൊ സാക്ഷാത്കാരത്തിൽ എന്ത് സംഭവിക്കുന്നു ആ അനുഭവങ്ങളെല്ലാം ഇല്ലാതാകുന്നു ാണ് സാക്ഷാത്കാരത്തിന് പോണു ആ സാക്ഷാത്കാരം എവിടെയാ സംഭവിക്കുന്നത് സമാധി അതിനാണ് പറഞ്ഞു വരുന്നത് സാക്ഷാത്കാരോ മീമാംസ്യാപി ശബ്ദം അതുകൊണ്ട് പറയുന്നു ഈ പറയുന്ന സാക്ഷാത്കാരം ഏ സാക്ഷാത്കാരം പദാർത്ഥത്തിന് തറിയുക ബ്രഹ്മമായി അറിയുക അതാണ് യേഷ സാക്ഷാത്രി സാക്ഷാത്കാരം എന്ന് പറയുന്നത് വിചാരം മീമാംസഹിതെന്നു വെച്ച വിചാരസഹിതമായ ശബ്ദ പ്രമാണത്തിന്റെ ഫലമല്ല ശബ്ദ പ്രമാണത്തിന്റെ ഫലമായ ഉണ്ടാകുന്ന ശബ്ദം ഞാനും അല്ല എന്തല്ല എന്തല്ലെന്ന ഇപ്പൊ പറഞ്ഞു སྲི སྲི རྭི སྲི എന്തിന്റെയാണോ സാക്ഷാത്കാരത്തിന്റെ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് വിചാരസഹിതമായ ശബ്ദ പ്രമാണത്തിന്റെ ഫലമാണ് സാക്ഷാത്കാരം ശബ്ദപ്രമാണത്തിൽ നിന്ന് സാക്ഷാത്കാരം ഉണ്ടാകത്തില്ലാതാണ് വിശദീകരിക്കും അപ്പൊ ഇവിടെ വിവരണകാരന്റെ യേശ സാക്ഷാത് ഈ പറഞ്ഞ സാക്ഷാത്കാരം എങ്ങനെയുള്ള സാക്ഷാത്കാരം ആയിട്ടുള്ള സാക്ഷാത്കാർപഥത്തിന്റെ അർത്ഥമായ ജീവനെ തത്പഥത്തിന്റെ അർത്ഥമായ ബ്രഹ്മമായിട്ടുള്ള സാക്ഷാത്കാർ യേശ സാക്ഷാത്കാർ അതിന്റെ പ്രത്യേകത എന്താണ് അവിടെ ജീവന്റെ സുഖിത്വ ദുഃഖ്യത്വാദികളെല്ലാം സുഖിത്വം ദുഃഖിത്വം ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ് അതൊക്കെ അപ്പൊ പ്രത്യക്ഷമായിരിക്കുന്ന ഞാൻ സുഖി ഞാൻ ദുഃഖിന്നുള്ളത് പ്രത്യക്ഷ സാക്ഷാത്കാരം കൊണ്ടേ മാറത്ത ആ പ്രത്യക്ഷ സാക്ഷാത്കാരം എങ്ങനെയുള്ള സാക്ഷാത്കാരം തുമ്പദാർത്ഥ സാക്ഷാത്കാരം തുമ്പദാർത്ഥം ബ്രഹ്മമാണ് അത് സുഖം ദുഃഖിയും പദാർത്ഥ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ അത് നൽകത്തുള്ളൂ ആ സാക്ഷാത് ശബ്ദ പ്രമാണത്തിന്റെ ഫലം അല്ലെ വിചാരത്തോടു കൂടിയാലിച്ച് ശബ്ദം അപ്പൊ ഇത് പ്രത്യക്ഷസിയാണ് മറിച്ച് എങ്ങനെയാണ് അത് പ്രത്യക്ഷ ഫലമാണ് ഏത് ക്ഷാത്കാരം പ്രത്യക്ഷ പ്രു ഇവിടെ എന്താണ് പ്രത്യക്ഷ പ്രമാണം പ്രത്യക്ഷ പ്രമാണം എന്താണ് മനസ് മനസ്സിനെന്തായിട്ട് സ്വീകരിക്കുന്നത് പ്രത്യക്ഷ പ്രമാണമായിട്ട് പ്രത്യക്ഷമായ പ്രമാണത്തിന്റെ ഫലമാണ് സാക്ഷാത്കാരം പ്രത്യക്ഷ പ്രമാണമെന്തായി മനസ്സാണ് അപ്പൊ ശബ്ദമോ ശബ്ദം പ്രത്യക്ഷ പ്രമാണമാണ് ഏ ശബ്ദം എന്ന് പറയുന്നത് പ്രത്യക്ഷ പ്രമാണമാണ് എന്തുകൊണ്ടല്ലോണ്ടല്ല പ്രത്യക്ഷ പ്രമാണമല്ല ശബ്ദത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാവും ശബ്ദം പ്രത്യക്ഷം മനസ്സിലായോ പുസ്തകത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാവുന്നു പുസ്തകം പ്രത്യക്ഷ പ്രമാണമാണ് പുസ്തകത്തിന്റെ പ്രത്യക്ഷം നമുക്ക് പുസ്തകം പ്രത്യക്ഷ പ്രമാണമാണ് പിന്നെ അവിടെ എന്താ പുസ്തകത്തിന്റെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാവുന്നു പുസ്തകം പ്രത്യക്ഷ പ്രമാണമാണ് പിന്നെ എന്താണ് പ്രത്യക്ഷ പ്രമാണം ചിരേന്ദിരി അതുപോലെ ശബ്ദത്തിന്റെ പ്രത്യക്ഷ പ്രത്യക്ഷ ഞാനുണ്ടാകുന്നു ശബ്ദം പ്രത്യക്ഷ പ്രമാണമാണോ പിന്നെന്താണോ പ്രത്യക്ഷ പ്രമാണം ശ്രോത്രേന്ദിരി ആണ് പ്രത്യക്ഷപ്രമാണം ശബ്ദമുണ്ട് അതുകൊണ്ട് എന്താണ് ക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് പ്രത്യക്ഷത്തിന്റെ എന്നുവച്ച പ്രത്യക്ഷ പ്രമാണത്തിന്റെ ഫലമാണ് ശബ്ദത്തിന്റെ ഫലം ശബ്ദം പ്രത്യക്ഷമല്ല എന്തുകൊണ്ട് ശബ്ദം എന്തുകൊണ്ട് പ്രത്യക്ഷ പ്രമാണമല്ല എന്ന് പറയുന്നത് പ്രത്യക്ഷ പ്രമാണത്തിന്റെ വിഷയമാണ് ശ്രോത്രേന്ദ്രിയമാകുന്ന പ്രത്യക്ഷ പ്രമാണത്തിന്റെ വിഷയമാണെന്ത് ശബ്ദം പ്രത്യക്ഷ പ്രമാണത്തിന്റെ വിഷയമാണ് ശബ്ദം അത് പ്രത്യക്ഷ പ്രമാണമല്ല അപ്പോ ശബ്ദത്തിൽ നിന്നെന്ത്ണ്ടാവത്തില്ല പ്രത്യക്ഷി സാക്ഷാത്കാരം ഉണ്ടാകത്തില്ല ശബ്ദത്തിന്റെ ശേഷാത് ഉണ്ടാവുണ്ടാവും എന്തുകൊണ്ട് സ്ത്രോത്രേന്ദ്രിയത്തിന്റെ വിഷയമാണ് ശബ്ദ അതിന്റെ പ്രത്യക്ഷം ഉണ്ടാവും ശബ്ദപ്രത്യക്ഷം ഉണ്ടാവും പക്ഷെ ശബ്ദത്തിൽ നിന്ന് പ്രത്യക്ഷം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് പ്രത്യക്ഷ നിന്ന് മാത്രമേ എന്തുണ്ടാവൂ പ്രത്യക്ഷ സാക്ഷാത്കാരം ഉണ്ടാകത്തുള്ളു അപ്പൊ ശബ്ദം പ്രത്യക്ഷ പ്രമാണമല്ല മനസ്സ് പ്രത്യക്ഷ പ്രമാണമല്ല അതിൽ നിന്നാണ് സാക്ഷാത്കാരം ഉണ്ടാകുന്നത് അങ്ങനെ പ്രത്യക്ഷസ്യ മറിച്ച് പ്രത്യക്ഷത്തിന്റെ എന്താണ് പ്രത്യക്ഷസ്യ അഭിത പ്രത്യക്ഷസ്യ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യക്ഷസഫലം സാക്ഷാത്യക്ഷമായ പ്രമാണത്തിന്റെ ഫലമാണ് സാക്ഷാത്കാര അപ്രത്യക്ഷ പ്രമാണെന്താണ് ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഉറങ്ങിറങ്ങി മനസ്സിലാവത്തില്ല തസൈവ തദ്ണസ പ്രത്യക്ഷ ഫലത്വ നിയമ നിയമമാണ് പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്ന് മാത്രമേ പ്രത്യക്ഷമായ പ്രമ ഉണ്ടാകത്തുള്ളൂ പ്രത്യക്ഷ പ്രമാണ സീവത്വം പ്രത്യക്ഷ ഫലത്വ നിയമ അപ്പൊ സാക്ഷാത്കാരം എന്തിനുണ്ടാവൂ പ്രത്യക്ഷ പ്രമാണത്തിൽ എന്തുകൊണ്ടാ നിയമുണ്ട് പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവൂ അല്ലെങ്കിൽ സാക്ഷാത്കാരം അന്യഥ ഈ നിയമത്തെ സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ് പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്ന് മാത്രമേ പ്രത്യക്ഷ പ്രമേയം ഉണ്ടാവൂ എന്നുള്ള നിയമത്തെ സ്വീകരിച്ചില്ലെങ്കിൽ കുടജ ബീജാദവി വടാകുര ഉത്പത്തി പ്രസംഗ കുടജവൃക്ഷത്തിന്റെ ബീജത്തിൽ നിന്ന് വിത്തിൽ നിന്ന് വടം ഉണ്ടാവൂ വടവൃക്ഷ ഉണ്ടാവൂ എന്തുകൊണ്ട് കൊടകപ്പാല് കൊടകപ്പാലയിടത്തിൽ നിന്ന് വടവു ക്ഷാനൂഷം ഉണ്ടാവു എന്തുകൊണ്ട് ഏഹ് എന്തുകൊണ്ടാണ് അവിടെ കാര്യകാരണ നിയമം കാര്യകാരണ നിയമത്തെ കുറിച്ചാണ് പറയുന്നത് പ്രത്യക്ഷമായ പ്രമാണത്തിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവൂ പ്രത്യക്ഷ പരമേ അതുകൊണ്ട് ഇവിടെ കുടജ ബീജത്തിൽ നിന്ന് എന്തേ ഉണ്ടാവൂ കുടജവുക്ഷമേ ഉണ്ടാവത്തുള്ളൂ വടം വൃക്ഷമുണ്ടാവണമെങ്കിൽ എന്ത് വേണം വടബീജം അപ്പം ഇവിടെ കാര്യകാരണഭാവമുണ്ട് അപ്പം നിങ്ങൾ പറയുന്നു ശബ്ദമെന്ന് പറയുന്നത് പ്രത്യക്ഷ പ്രമാണമല്ല അതിൽ നിന്ന് പ്രത്യക്ഷ പ്രമേയം ഉണ്ടാവുമെങ്കിൽ എന്ത് സംഭവിക്കാം കുടജബീജത്തിൽ നിന്ന് വടാനുഗ്രഹം ഉണ്ടാവാം കുടച്ച വീതത്തിൽ നിന്നും വടങ്കരം ഉണ്ടാകും അതുണ്ടാവുന്നില്ല എന്തുകൊണ്ട് കായിക കാരണഭാവം ഇല്ല അതുകൊണ്ട് അതാണ് ഭാഷകാരൻ ഭാമികാരൻ വിവരണകാരനെ നിഷേധിക്കുന്നത് വിവരണകാരൻ പറയുന്നത് ശബ്ദപ്രമാണത്തിൽ നിന്നും പ്രത്യക്ഷ സാക്ഷാത്കാരം ഉണ്ടാകുന്നു അതെങ്ങനെ ഉണ്ടാകും തമ്മിൽ ഇങ്ങനെ കാര്യകാരണഭാവം ഉണ്ടാവും പ്രത്യക്ഷമായ സാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം പ്രത്യക്ഷമായ പ്രമാണ ശബ്ദം എന്ന് പറയുന്നത് പ്രത്യക്ഷ പ്രമാണമാണ് അപ്പൊ പിന്നെ അതിൽ മൂന്ന് സക്ഷാത്കാരം ഉണ്ടാവും അതുകൊണ്ട് ഇവിടെയൊക്കെ പറയുന്നത് സിദ്ധാന്തമാണ് കാര്യകാരണ ഭാഗം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വടബീജന്യായം വടബീജത്തിൽ നിന്ന് എന്താകും ും കാര്യവും തമ്മിലൊരു കാര്യം കാരണം ഭാവം ഫലവും തമ്മിലൊരു കാര്യം കാരണം ഭാഗം അങ്ങനെയുള്ള കാര്യങ്ങളുടെ വിഭാഗത്തിന്റെ നമ്മുടെ പ്രത്യക്ഷ പ്രമാണെന്ന് പറയുന്നത് വീരൻ അതിന്റെ ഫലമാണത് അതിന്റെ ഫലം എന്താണ് അവിടെ കാര്യങ്ങളാണ് സാക്ഷാത്കാരം ഫലം ഉണ്ടാവണ എന്തുവേണം എന്ത് വേണം പ്രത്യക്ഷ പ്രമാണം വേണം അപ്പൊ ബ്രഹ്മ ഉണ്ടാവണമെങ്കിൽ അതിന് കാരണമായ എന്ത് വേണം പ്രത്യക്ഷാത്കാരം ഉണ്ടാവും എന്തുകൊണ്ട് ശബ്ദം പ്രത്യക്ഷ പ്രമാണ പിന്നെ അപ്പിന്റെ ഇന്നായിരിക്കും ഉണ്ടാവുന്നു മനസ് പ്രത്യക്ഷ പ്രമാണമാണ് മനസ് പ്രത്യക്ഷ പ്രമാണോ ഇന്ദ്രിയമാണ് മനസ്സെന്ന് പറയുന്ന ഒരു ഇന്ദ്രിയമാണ് പ്രത്യക്ഷ പ്രമാണമാണ് ഇവിടെയാണ് പറയുന്നത് ർമ്മസാക്ഷാത്കാരത്തിന് മനസ്സെന്ന് പറയുന്ന കരണം പ്രത്യക്ഷ പ്രമാണങ്ങൾ അതിന് കർമ്മങ്ങളുടെ ആവശ്യം ഇല്ല പിന്നെ കർമ്മങ്ങളുടെ ആവശ്യം എവിടെയാണ് വരുന്നത് അത്രേയുള്ളൂ പറഞ്ഞു വരുന്നു തസ്മാർ വിചാക്യാർത്ഥ ഭാവന പരിഭാഗ സഹിതം അന്ധകരണം ตํ ปดार्थस्य अपरोक्षस्य तत्त्व्वादि आगारं निषेदेन तत्पदार्थ अदान अनुभवयदी इदितं हरोंड इदाणं युक्तियुक्तമായ കഴിലി എന്താണ് तस्मा निरभिजिगित्स वाक्यार्थ भावना निरभिजिगित्स वाक्यार्थ भावनाന്ന് പറഞ്ഞാൽ എന്താ വിപരീയാส ଶൂന്യമായ നിർഭിചികിത്സയ സംശയം സംശയശൂന്യമായ വാക്യാർത്ഥ ഭാവന വാക്യാർത്ഥ ഭാവന എന്താണ് അതായത് ശബ്ദജ്ഞാനം ശ്രവണജന്യമായ ജ്ഞാനത്തിൽ മനനം കൊണ്ട് അതിന്റെ വിചികിത്സ സംശയങ്ങളെല്ലാം മാറ്റണം അതിനുള്ള ദോഷങ്ങളെല്ലാം മാറ്റണം അതാണ് നിർഭചികിത്സ വാക്യാർത്ഥ ഭാവന ആ ദോഷങ്ങളെയൊക്കെ മാറ്റിയിട്ട് പിന്നെ അതിന്റെ ഭാവന എന്ന് പറയുന്നത് നിർദ്ധ്യാസം അപ്പം ആദ്യ ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു മനനം കൊണ്ടതിനും നിർഭചികിത്സമാക്കുന്നു അത് കഴിഞ്ഞ് അതിനെന്ത് ചെയ്യുന്നു ധ്യാനിക്കുന്നു അതാണ് നിശ്ചയാത്മികമായ വൃത്തി എന്ന് പറയുന്നത് ആ ധ്യാനമാണ് അതില് സംശയം ഇല്ലെന്ന് വെച്ചാൽ നിശ്ചയാത്മകമായ ജ്ഞാനമാണ് എങ്ങനെയുള്ള ജ്ഞാനം അഹം ബ്രഹ്മാസ്മി എന്നു പറഞ്ഞു അപ്പൊ ശബ്ദജന്യമായി വരുന്ന ജ്ഞാനം അത് മീമാംസാസഹിതമായ ജ്ഞാനം എന്ന് പറയുന്നത് അപരോക്ഷ ജ്ഞാനമല്ല പിന്നെ എങ്ങനെയുള്ള ജ്ഞാനമായിരിക്കുന്നത് നിർഭിചികിത്സ ജ്ഞാനമായിരിക്കും നിത്യാസനം ചെയ്യേണ്ടെങ്ങനെയുള്ള ജ്ഞാനമാണ് ധ്യാനിക്കേണ്ടത് സംശയം ആ എന്നുവെച്ചാ സംശയരഹിതമായി ബ്രഹ്മത്തെ ധ്യാനിക്കണം അപ്പൊ അവരോക്ഷിക നമ്മള് വ്യത്യാസമുണ്ട് അപരോക്ഷനവും നിർവീകിത്സമാണ് അപരോഷ്ഞാനവും അതെവിടെയാണ്ടാവുന്നത് സമാധി പക്ഷെ അതെന്തല്ല സമാധിയുടെ ജ്ഞാനം പരോക്ഷമുണ്ട് അത് നിർവിചികിത്സമാണ് ഇനി നീത്യാസനം ചെയ്യുന്ന ജ്ഞാനം എന്താണ് നിർവിചികിത്സമാണ് എന്തല്ല പരോക്ഷമുണ്ട് എന്നാണ് പരോക്ഷമാണത് നിർവിചികിത്സമായ പരോക്ഷ ജ്ഞാനമാണ് ധ്യാനിക്കുന്നത് ഭാവന ചെയ്യുന്നത് മായ ജ്ഞാനത്തെ ആവർത്തിക്കുന്നതാണ് ധ്യാനം അല്ലെങ്കിൽ ഭാവന നിർവിചിത്സമായ അപരോക്ഷ ജ്ഞാനമാണ് എന്ത് സാക്ഷാത്കാരം നിശ്ചയാത്മകമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നിശ്ചയാത്മകമായ ജ്ഞാനം നിത്യാസനത്തിന് ഏത് രൂപത്തിരിക്കുന്നു പരോക്ഷമായി സമാധിയിലായ ഒരു പ്രത്യേകിക്കുന്നു അപരോക്ഷമായി രണ്ടും എങ്ങനെയുള്ള ജ്ഞാനമാണ് നിശ്ചയമാണ് പക്ഷെ ഒന്നിന്റെ പ്രത്യേകത എന്താണ് പരോക്ഷം മറ്റൊന്നിന്റെ അപരോക്ഷം അപരോക്ഷം എവിടെ ഉണ്ടാകത്തുള്ളത് സമാധി പറയുന്നു തസ്മുണ്ട് നിർവിചികിത്സ വാക്യാർത്ഥ ഭാവന നിർവിചികിത്സമായ വാക്യാർത്ഥ ഭാവന പരിഭാഗ സഹിതം അന്തക്കരണം ആ പരിഭാഗത്തോടു കൂടി അന്തിക്കരണം മനസ് തുമ്പോ തുമ്പദാർത്ഥം എന്ന് പറയുന്നത് എന്താണ് അപരോക്ഷമാണ് തുമ്പതാർത്ഥഅരോക്ഷണം കാരണം തന്നെ താൻ അറിയുന്നുണ്ട് ആ അപരോക്ഷമായിരിക്കുന്ന തുമ്പദാർത്ഥത്തിന് തത്വതുപാധി ആകാര നിഷേധേനാണ് അതിന്റെ ഓരോരോ ഉപാധികളെയായി ിക്കുന്നു താൻ അപരോക്ഷമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തൊമ്പദാർത്ഥം അത് മനസ്സല്ല പിന്തുണയല്ല ശരീരങ്ങളല്ല അവിദ്യയല്ല കാമല്ല കർമ്മമല്ല ഇങ്ങനെ അതാത് ഉപാധികളെല്ലാം നിഷേധിക്കുന്നു സ്ഥലശരീരമല്ല സൂക്ഷ്മ ശരീരമല്ല ഭരണശരീരമല്ല ഇങ്ങനെ നിഷേധിക്കുന്നു അതാണ് തത്വത് ഉപാധി പ്രക്രിയ അതാത് ഉറ ഉപാധി ആകാരത്തെ നിഷേധിച്ചിട്ട് ശരീര ഇന്ദ്രിയം മനസ്സ് തുടങ്ങിയ ഉപാധികളെല്ലാം നിഷേധിച്ചിട്ട് എന്ത് ചെയ്യുന്നു അന്വേഷിക്കണം തത് പദാർത്ഥം അവരോക്ഷമായി ോക്ഷമായിരിക്കുന്നറിയുന്നു ണം അന്ധകർണം എങ്ങനെയുള്ള പരിപാടം നിർവചികിത്യാർത്ഥ ഭാവന കൊണ്ട് പരി പരിപാടമായിരിക്കുന്ന അന്ധകരണം അപരോക്ഷമായിരിക്കുന്ന ഈ ത്വം പദാർത്ഥത്തിന് അപരോക്ഷമായ പദാർത്ഥമായി അനുഭവിപ്പിക്കുന്നു ഇനി യുക്തം അനുഭവത്തെ ഉണ്ടാക്കുന്ന ശബ്ദമുണ്ട എന്നർത്ഥം ഇതാണ് സാക്ഷാത്കാരം പറയുന്നത് സാക്ഷാത്കാരത്തെ കുറിച്ചായി പറഞ്ഞത് എന്നാ ചായം അനുഭവോ ബ്രഹ്മസ്വഭാവോ യനനജന്യത പറയുന്നു ീ ഉണ്ടാകുന്ന സാക്ഷാത്കാരം അനുഭവം അപരോഷ്ഞാനം നിർവിചികിത്സമായ അപരോഷ്ഞാനം ഇത് ബ്രഹ്മസ്വരൂപമല്ലേ പറഞ്ഞു ജ്ഞാനം ബ്രഹ്മസ്വരൂപമാണെങ്കിൽ ബ്രഹ്മത്തിന് അന്യമായ ഒന്നുമില്ലല്ലോ ജ്ഞാനവും ബ്രഹ്മസ്വരൂപമാണ് അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകും തോ ണോ നേരത്തെ പറഞ്ഞു ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ഒന്നും ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല അപ്പൊ ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല എന്ന് വെച്ചാല് ബ്രഹ്മസ്വരൂപമാണ് ബ്രഹ്മസ്വരൂപമാണെങ്കിൽ എന്താണ് തുറക്കിയാണ് തുറന്നു തുറ എന്ത് ഉടനെ അടച്ചു കളയുന്നു ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അടച്ചു കളഞ്ഞു ഇവിടെയിരുന്നു തൽക്കാലം ഇവിടെയിരുന്നു രണ്ടു കസേരയിട്ടായിരിക്കും നേരത്തെ പൂർവർഷം പറഞ്ഞ എന്താണ് ബ്രഹ്മത്തിൽ അന്യമായി ഒന്നുമില്ല അപ്പൊ ബ്രഹ്മജ്ഞാനം എന്തായിരിക്കും ബ്രഹ്മം തന്നെ പിന്നെ എങ്ങനെ ജന്യമാവും അനുഭവം ഈ അനുഭവം ബ്രഹ്മസ്വഭാവം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപം അല്ല ഏനല്ലാ ജനിയത് അങ്ങനെ ആയിരുന്നെങ്കിൽ ജനിക്കാതിരുന്നെ പിന്നെ എന്താണത് അഭിതോ അന്ധക്കരണസിയോ വൃത്തിഭേദവും ബ്രഹ്മവിഷയോ അപ്പൊ ഇത് പ്രത്യേകം മനസ്സിലാക്കണം ഇത് സിദ്ധാന്തം നേരത്തെ ഒന്ന് പോകെന്താണ് അന്ധകരണത്തിന്റെ വൃത്തിഭേദമാണ് അന്ധകരണത്തിന്റെ ഒരു വൃത്തിയാണ് വൃത്തിഭേദം എന്ന് വെച്ചാൽ വൃത്തിവിശേഷം അന്ധകരണത്തിന്റെ ഒരു വിശേഷ വൃത്തിയാണ് അതെന്താണ് ബ്രഹ്മവിഷയ ബ്രഹ്മത്തെ വിഷയമാക്കുന്ന അന്ധകരണത്തിന്റെ ഒരു വൃത്തിയാണ് അപ്പൊ അത് ജന്യമാകാക്ഷാത്കാരം എന്ന് പറയുന്നത് അന്ധകരണ വൃത്തിയാണ് എന്ന് പറയുന്നത് അത് ജന്യമാണ് ജന്യമാകുന്നോണ്ട് തന്നെ നശിക്കുകയും ചെയ്യും സാക്ഷാത് പറയുന്നത് സ്ഥിരം നിലനിൽക്കുന്നു ഒന്നല്ല അത് ഉണ്ടാകുന്നു നിലനിൽക്കുന്നു മറ്റേത് വൃത്തിയും പോലെ തന്നെ അടുത്ത് നശിച്ചു നശിച്ച വീണ്ടും ഉണ്ടാകാം വീണ്ടും നിലനിൽക്കാം വീണ്ടും നശിക്കാം തുടരാതെ ഇരിക്കാം മറ്റ് പ്രപഞ്ചബോധം വരെയണങ്കി എന്തു ചെയ്യും പിന്നെ അതുണ്ടാകത്തില്ല നിലനിൽക്കുക നശിക്കുക ഈ ഇത് തുറന്നുകൊണ്ടേയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായി നിലനിന്ന് നശിച്ച് പ്രപഞ്ചബോധവും ഉണ്ടാവാം എന്തായാലും ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് അന്ധക്കരണത്തിന്റെ വൃത്തിവിശേഷമാണ് സിദ്ധാന്തം പറയണ അതുകൊണ്ടത് ജനിക്കും അനന്ത കുഴപ്പം ബ്രഹ്മസ്വഭാവം ഒന്നുമല്ല അപ്പ ഇത് അന്ധക്കരണ സേവൃത്തിഭേദോഷ എന്നുവെച്ചാൽ ഏതാവിധാ ബ്രഹ്മണോന അപരാധീന പ്രകാശത്ത് പക്ഷെ എന്താണ് വൃത്തിക്ക് വിഷയമാണ് ബ്രഹ്മം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് സാക്ഷാത്കാര വൃത്തിക്ക് വിഷയമാണ് അന്ധകരണജന്യമായ സാക്ഷാത്കാരം അങ്ങനെയുള്ള സാക്ഷാത്കാര വൃത്തിക്ക് വിഷയമാണെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് എന്തായി ജ്ഞാന വിഷയമായി ജ്ഞാനത്തിന് വിഷയമാകുന്ന ഒന്നും സ്വയം പ്രകാശമാകത്തില്ല പുസ്തകം പുസ്തകം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനത്തിന് വിഷയമാണെങ്കിൽ സ്വയം പ്രകാശമാണ് വൃത്തി രൂപത്തിലുള്ള ജ്ഞാനത്തിന് വിഷയമാണെങ്കിൽ ബ്രഹ്മം അങ്ങനെ സ്വയം പ്രകാശമാകും ബ്രഹ്മം സ്വയം പ്രകാശമാകത്തില്ലെന്ന് പൊറുവക്ഷിക്ക് പറയാം അങ്ങനെ നിഷേധിക്കുന്നു അങ്ങനെ അല്ല വൃത്തിക്ക് വിഷയമായാലും ബ്രഹ്മം സ്വയം തന്നെ എന്നുവച്ചതാണ് വൃത്തിവിഷയമാണ് ബ്രഹ്മം എന്നുള്ളത് കൊണ്ട് ബ്രഹ്മണോ ബ്രഹ്മധീനപ്രകാശത അപരാധീനപ്രകാശത അപരാധീനപ്രകാശത എന്നുവെച്ചാ സ്വയംപ്രകാശം അല്ലാതിരിക്കുക എന്നുള്ളതല്ല സ്വയംപ്രകാശമാണെന്നര്ത്ഥം നപരാധീന പ്രകാശത എന്ന് വെച്ചാൽ സ്വയംപ്രകാശം അപരാധീന പ്രകാശം എന്ന് വെച്ചാൽ പുസ്തകം പോലെ മറ്റൊന്നിനു അധീനമായ പ്രകാശം എന്നാ അപരാധീന പ്രകാശം എന്ന് വെച്ചാൽ സ്വയംപ്രകാശം അപ്പൊ സ്വയംപ്രകാശം അല്ല എന്ന് പറയരുത് വൃത്തിക്ക് വിഷയമാണെങ്കിലും സ്വയം പ്രകാശമാണെന്ന് അപ്പൊ അത് ശബ്ദന്യമായ ജ്ഞാനം സാക്ഷാത്കാരം എന്ന് പറയുന്നവരും അന്ധകരണ ജന്യമായ ജ്ഞാനമാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നവരുടെ അടുത്തും തുല്യമാണ് എന്താണ് വൃത്തിക്ക് വിഷയമായത് അത് സ്വയം പ്രകാശമാണ് രണ്ടു കൂട്ടർക്കും അതാണ് വിവരണകാരന്റെ പക്ഷം പറയുന്നത് നിങ്ങളുടെ പക്ഷം കൊടുക്ക നിങ്ങളെന്താ പറയുന്നത് ശബ്ദത്തിൽ നിന്നുണ്ടാകുന്നാണെന്ത് സാക്ഷാത്കാരം ശബ്ദജന്യമാണെന്ത് സാക്ഷാത്കാരം അപ്പൊ ശബ്ദജന്യമായ സാക്ഷാത്കാരത്തിന് വിഷയമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ സ്വയം പ്രകാശം അല്ലാതാവൂ ശബ്ദജന്യമായ ശബ്ദജ്ഞാനം സാക്ഷാത്കാരത്തിന് വിഷയമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം സ്വയം പ്രകാശം അല്ലാതെ ആവോ ആവത്തില്ലോ അപ്പൊ പറയണേ നിങ്ങൾ പറയുന്ന എന്താണ് ശബ്ദജന്യമായ ശബ്ദജ്ഞാനം സാക്ഷാത്കാരത്തിന് വിഷയമാണ് ബ്രഹ്മം അവിടെയും ബ്രഹ്മം സ്വയം പ്രകാശം തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന എന്താണോ അന്ധകരണജന്യമായ സാക്ഷാത്കാരം അതിന് വിഷയമാണ് ബ്രഹ്മം അവിടെയും ടുത്തും തുല്യം തന്നെ നിങ്ങൾക്ക് എന്ത് പറയേണ്ടി വരും ശബ്ദജ്ഞാന വിഷയമാണ് ബ്രഹ്മം എന്ന് പറയേണ്ടി വരും ബ്രഹ്മ സാക്ഷാത്കാരം ശബ്ദമാണെന്ന് പറയേണ്ടി വരും അവിടെയും നിങ്ങൾക്ക് ബ്രഹ്മം സ്വയം പ്രകാശമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു അത് അന്ധകരണജന്യമാണ് സാക്ഷാത്കാരം അവിടെയും ബ്രഹ്മസ്വയം പ്രകാശം തന്നെ എന്തായാലും രണ്ട് കൂട്ടുകൾക്കും എന്താണ് ്രഹ്മം വൃത്തി വിഷയമാണെന്ന് സ്വീകരിക്കേണ്ടി വരും സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് വൃത്തിയാണ് ബ്രഹ്മത്തെ എന്ത് സ്വീകരിക്കേണ്ടി വരും വൃത്തി വിഷയം എന്നാലേ സാക്ഷാത്കാരം എന്ന് പറയാൻ പറ്റും അപ്പൊ രണ്ടു കൂട്ടരും വൃത്തി വിഷയമെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്ക് എന്ത് പറയേണ്ടി വരും ബ്രഹ്മം സ്വയം പ്രകാശം സ്വീകരിച്ചേ പറ്റും അതുകൊണ്ട് ഞങ്ങൾ എന്താണ് വൃത്തി വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബ്രഹ്മം സ്വയം പ്രകാശം അല്ല എന്ന് പറയാൻ പറ്റില്ല അതാണ് അടുത്ത ശാബ്ദ്രകാശം ബ്രഹ്മ ശബ്ദജ്ഞാനത്തിന് വിഷയമാകുന്ന ബ്രഹ്മം പ്രകാശം എന്നുവച്ചാൽ വിഷയമാകുന്ന ബ്രഹ്മം സ്വയം പ്രകാശം നവതി ഇതിനാ ന സ്വയംപ്രകാശം അല്ലാതെ ആകുന്നില്ല എല്ലാ എന്താണ് രണ്ട് നഗരം വെച്ചാൽ പറയും കാശമല്ലാതെ ആകുന്നില്ല അപ്പൊ ബ്രഹ്മ സ്വയം പ്രകാശമാണ് അത് വൃത്തി വിഷയമാകും അത് ശബ്ദജ്ഞാനമായ ശരി മറിച്ച് അന്തക്കരണ ജന്യമായ സാക്ഷാത്കാര വിഷയമായാലും ശരി ബ്രഹ്മ സ്വയം പ്രകാശമാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്